വിശ്വാസികളെ നിങ്ങൾ നീതിയിൽ അല്ലാഹു നിൽക്കുന്നവരും അള്ളാഹുസുബാനുഹുവ തായാലാക്കു വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക അത് നിങ്ങൾക്കു തന്നെ എതിരായാലും മാതാപിതാക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ എതിരായാലും സാക്ഷ്യം പറയേണ്ടയാൾ സമ്പന്നനായാലും ദരിദ്രനായാലും അള്ളാഹുസുബഹാനുഹൂവതായാലാവ അവർ രണ്ടുപേർക്കും കൂടുതൽ അർഹനായിരിക്കുന്നു അതിനാൽ നിങ്ങൾ നീതി പാലിക്കുന്നതിൽ നിന്ന് വ്യതിചലിക്കാൻ തന്നിഷ്ടങ്ങളെ പിന്തുടരരുത് നിങ്ങൾ സാക്ഷ്യത്തിൽ വളച്ചൊടിക്കുകയോ അല്ലെങ്കിൽ അത് വിട്ടു ചെയ്താൽ തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അള്ളാഹുസുബാനഹുവറ്റായാല സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു